അധ്യായം ഇരുപത്തിനാല് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ എന്റെ നിയമവും ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഞാൻ ഓർക്കും ഇസ്രയേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശിലേക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോനത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കിവയ്ക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കിവയ്ക്കണം നീ നേരിയ മാവ് എടുത്ത് അതുകൊണ്ട് പന്ത്രണ്ട് ദോശ ചുടേണം ോ ദോശ രണ്ടിടങ്ങളി മാവുകൊണ്ട് ആയിരിക്കണം അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്കമേശമേൽ രണ്ടടുക്കായിട്ട് ഓരോ അടുക്കിൽ ആറാറു വീതം വെക്കണം ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരിക്കം വെക്കണം അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗമായിരിക്കണം അവനത് നിത്യനിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശപത്തുതോറും യഹോവയുടെ സന്നദ്ധിയിൽ നിരന്തരമായി അടുക്കിവെക്കണം അത് അഹരോനും പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം അവർ അത് ഒരു വിശുദ്ധ സ്ഥലത്തുവച്ച് തിന്നേണം അത് അവന് ശാശ്വത യഹോവയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം വിശുദ്ധ മന്ദിരത്തിലെ അനന്തരം ഒരു ഇസ്രേല്യ സ്ത്രീയുടെയും ഒരു മിശ്രൈമിന്റെയും മകനായ ഒരുത്തൻ ഇസ്രയേൽ മക്കളുടെ മധ്യെ പുറപ്പെട്ടു ഇസ്രേല്യസ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രയേല്യനും തമ്മിൽ പാളയത്തിൽ വെച്ച് ഷണ്ടയിട്ടു ഇസ്രയേല്യ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ അമ്മയ്ക്ക് ഷെലോമീത് എന്നു പേര് അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവന്റെ മകളായിരുന്നു യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു അപ്പോൾ യഹോവ മോശയോട് അരുളി ശപിച്ചവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോകാം കേട്ടവരെല്ലാവരും അവന്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാൽ ഇസ്രേൽ മക്കളോട് നീ പറയേണ്ടത് ആരെങ്കിലും തന്റെ ദൈവത്തെ ശപിച്ചാൽ അത് യഹോവയ്ക്ക് അവൻ തന്റെ പാപം വഹിക്കും യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം സഭയൊക്കെയും അവനെ കല്ലെറിയണം പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തിന് മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം അത് നല്ലതോ ഒടുവിനു പകരം ഒടിവ് കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഇങ്ങനെ അവൻ മറ്റേവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ അതിന് പകരം കൊടുക്കണം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം വിശുദ്ധമായിരിക്കേണ്ടതിന് നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു ദുഷിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു